പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇന്ന് രാവിലെ മുതലേ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നമ്മളെന്താ കേട്ടുകൊണ്ടിരുന്നത് നമ്മളെന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞത് വാർത്തയുടെയും മറിയുടെയും കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് മറിയ എവിടെയായിരുന്നു മറിയ എപ്പോഴും കർത്താവിൻ്റെ കാൽക്കലായിരുന്നു നമ്മളെ ലൂക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായത്തിലത് കണ്ടു അതുപോലെ തന്നെ യോഹനൻ്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലത് കണ്ടു യോഹനൻ്റെ സുശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലും നമ്മളതേ കാര്യം തന്നെ കണ്ടു മറിക്ക് എപ്പോഴും കർത്താവിൻ്റെ കാൽക്കല കാൽക്കല ഇരിക്കുമ്പോൾ എങ്ങോട്ടാണ് നോക്കാൻ വെക്കുന്നത് ഇരിക്കുമ്പോൾ മുകളിലോട്ടേ നോക്കാനുള്ളൂ നോക്കി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക സത്യത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ മുഴുവൻ നമുക്ക് ആ നിലയിൽ കാണാവുന്നതേ ഉള്ളൂ നമ്മളെന്താ ഇന്ന് രാവിലെ മുതലേ പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞത് നമ്മൾ നമ്മുടെ പ്രവർത്തികളല്ല നമ്മളെയാണ് കർത്താവിന് ആവശ്യം വാർത്ത ധാരാളം പ്രവൃത്തി ചെയ്യുന്ന ആ തരത്തിലുള്ള ആളായിരുന്നു നമ്മിൽ അങ്ങനെ ഒരാളില്ലേ നമ്മിലുണ്ട് ഞാനൊരു ഞായറാഴ്ച മുടക്കുകയില്ല കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം കൃത്യമായിട്ട് കൊണ്ടുവന്നിടും ഞാൻ ദൈവത്തിനായിട്ടൊത്തിരി പ്രവർത്തിക്കും ദൈവത്തിനായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു താല്പര്യമുണ്ട് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് സത്യത്തിൽ ഈ മതങ്ങളെല്ലാം അതുതന്നെ ചെയ്യുന്നത് മതങ്ങളെയൊക്കെ നോക്കുക മതങ്ങളെല്ലാം എല്ലേത് മതവും ക്രിസ്തു മാത്രമല്ല ഏത് മതവും ദൈവത്തിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു മതബോധത്തിൽ നമ്മളും ചിലപ്പോൾ ചിന്തിക്കും ജീവിതമൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ നമുക്കെന്ത് ചെയ്യാം ഞാനെല്ലാം കർത്താവിനായിട്ട് ചെയ്ത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കും ചെയ്യേണ്ടത് ആവശ്യമല്ലേ ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ ദൈവം എന്താണ് ഇവിടെ ഈ വാർത്തയും അറിയും രണ്ട് കാര്യങ്ങളുടെ പ്രതിനിധികളാണെങ്കിൽ കർത്താവ് പറഞ്ഞു ഒന്നു മതി എന്നു ഒറ്റ കാര്യം മതിയെന്ന് പറഞ്ഞ് ഇത് തമ്മിലൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ എന്താണോ അത് മറിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല പക്ഷേ അവളുടെ ഹൃദയത്തെ കണ്ടു അവളെ കണ്ടു അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അത് മറുവശത്ത് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ദൈവം പറയുന്നു എന്ത് മതി ഒന്ന് മതി ഏത് മതി മറിയ നല്ല തിരഞ്ഞെടുത്തു നമ്മൾ നമ്മളെന്തായിരിക്കുന്നു അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനോ ദൈവപ്രസാദം ലഭിക്കാനായിട്ടോ കഴിയയില്ല ദൈവത്തിന് ഒന്നാമത് താല്പര്യം ആരില്ല ദൈവത്തിന് ഒന്നാമത് താല്പര്യം നമ്മില്ല നമ്മില്ല നമ്മിലാണ് താല്പര്യം നാം നമ്മുടെ ജീവിതം നമ്മുടെ മനോഭാവം നമ്മുടെ ഹൃദയം ഇതാണ് ദൈവം നോക്കുന്നത് ആ ദൈവത്തോടുള്ള ആ നിലയിലുള്ള ഒരു അടുപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കായിട്ട് മാത്രം മതി നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാതെ ദൈവത്തോട് ഒരടുപ്പം ഇല്ലാതെ ഒരനുതാപമില്ലാതെ നമ്മുടെ ജീവിതം ഒരു വഴിക്കും പോകുമ്പോൾ തന്നെ പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് മതഭിക്തിയാണ് ഇന്ന് സുവിശേഷ വിഹിത സഭകളിൽ പലയിടത്തും ദൈവത്തിനായിട്ട് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് കരുതുന്നത് ജീവിതം അതെങ്ങനെയും പോട്ടെ നിലയിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളിത് കേട്ട വചനങ്ങളോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഒന്ന് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അത് ദൈവത്തിന് പ്രസാദകരമാകണം അട്ടെ നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞാൽ തന്നെ എന്തായത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണോ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ ഒക്കും നമ്മൾ വായിച്ച വാക്യങ്ങളിലേക്ക് വരാം അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ അവിടെ നമ്മൾ ദാവീദിൻ്റെ ആ സങ്കീർത്തനത്തില് ദാവീദ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീ അതിൻ്റെ ഒടുവിൽ അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും ദൈവമേ നീ പ്രസാദിക്കും എന്നാൽ ആ നീതിയാഗങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മളറിയാമല്ലോ ഒരാൾ വന്നിട്ട് അയാൾ ഒരാടിനെയോ കാളക്കിടാവിനെയോ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുക അപ്പോൾ അതയാളുടെ പ്രവൃത്തിയല്ലേ ആ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കും എന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്നാൽ ആ പത്തൊൻപതാമത്തെ വാക്യം പറയുന്നതിൻ്റെ തൊട്ടുമുകളിൽ നമ്മൾ കണ്ടോ അവിടെ ഈ ഹോമയാകവും നീതിയാകവും ഒക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല നമ്മുടെ നമ്മുടെ ഹൃദയം നമ്മളെന്താണോ നമുക്ക് ദൈവവും ഭാഗ്യമുള്ള നമ്മുടെ മനോഭാവം അതാണ് നമുക്ക് നമ്മുടെ യാഗങ്ങളായിട്ട് ദൈവം കാണുന്നത് നമ്മുടെ തകർന്നു നുറങ്ങി ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം അതിനെ യാഗങ്ങളായിട്ടെടുത്തതിൻ്റെ ഫലമായിട്ടാണ് പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പം ആ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗഹോമങ്ങളിലും ദൈവം പ്രസാദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് പകരം അങ്ങനെ ഒരു തകർച്ചയും നുറുക്കവും നമ്മുടെ വ്യക്തിജീവിതം ദൈവത്തിൻ്റെ മുമ്പാകെ ആ നിലയിൽ ദൈവത്തിന് പ്രസാദകരമല്ലാതിരുന്നാൽ എന്താ അതിൻ്റെ പതിനാറാം വാക്യം നമ്മൾ കണ്ടു അന്യയാഗം നീച്ചിക്കുന്നില്ല ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ഞാൻ പറഞ്ഞത് വ്യക്തമായോ അതായത് നമ്മൾ നമ്മൾ ദൈവം മുമ്പാകെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം ദൈവത്തിന് അംഗീകാരയോഗ്യമല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളായ ഹനനയാകവും ഹോമയാകവും ദൈവം ഇച്ഛിക്കുന്നില്ല ദൈവത്തിനതിൽ പ്രസാദവുമില്ല എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തകർന്നു നോർക്കുകയും ഉള്ള ഒരു ഹൃദയവും ദൈവസന്നിധിയിൽ അങ്ങനെ നമ്മൾ അനുതാപത്തോടെ കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ ആ ജീവിതത്തെ ദൈവം എന്ത് കാണും അതിനെ അതിൽ പ്രസാദിക്കുന്ന അതിനെ യാഗമായിട്ടും അതിനെ ഹോമയാഗമായിട്ടും നീതിയാഗമായിട്ടും കാണുന്ന ഒരു ദൈവമാണ് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതമാണ് പ്രധാനം എന്നാണ് പറഞ്ഞു വരുന്നത് ശരി ജീവിതം പ്രധാനമാകുമ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം നമുക്ക് ഒന്നാമത് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം പ്രസാദയോഗ്യമാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യം എന്താണ് വരുന്നത് ഞാൻ ദൈവത്തിനായിട്ട് പ്രസാദയോഗ്യമായൊരു ജീവിതം ജീവിച്ചു എല്ലാം ഭംഗിയായിരിക്കുന്നു എന്നാണോ എന്നാണോ ദൈവത്തിൻ്റെ അടുത്തേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ വന്നാൽ നമുക്കെപ്പോഴും നമ്മുടെ കുറവും നമ്മുടെ നമുക്കുള്ള ഒരു പാപബോധവുമേ നമുക്കിട ഹൃദയത്തിൽ വരികയുള്ളൂ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പല വാക്യങ്ങളെ വായിച്ചല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ പത്രോസിനെ കാണുന്നുണ്ട് പത്രോസിനെ കാണുന്നു പത്രോസ് പത്രോസിനെ ദൈവം കർത്താവ് വിളിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തപ്പം അവൻ എന്തോ എന്ത് ചെയ്തു അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അത് കണ്ടിട്ട യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവ് ഞാൻ പാപിയായ മനുഷ്യ പാപിയായ മനുഷ്യ എന്താ പത്രോസ് പാപം ചെയ്തത് അവിടെ ഒരു പാപം ചെയ്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ടപ്പോൾ കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ അവനൊരു വലിയ പാപബോധമുണ്ടായി നമ്മളും ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മളിലൊരു പാപബോധവും നമ്മളൊരു തകർച്ചയും നുറുക്കവുമാണ് ഉണ്ടാകുക ആ തകർച്ചയും നുറുക്കവും വരുമ്പോൾ അതാണ് ദൈവത്തിന് പ്രസാദം നമ്മുടെ പ്രവർത്തനങ്ങളല്ല നമ്മിലാണ് പ്രസാദിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ പ്രസാദിക്കുന്നതെന്ന് പറയുമ്പോൾ ആ പ്രസാദം എവിടെയാണ് ദൈവത്തെ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മളൊരു തകർച്ചയും നുറുക്കവും ഉണ്ടാകും ആ നുറുക്കത്തെ തകർച്ചയെ ആ അനുതാപത്തെ നമ്മുടെ ആ ഹൃദയാവസ്ഥയെ ദൈവം എന്താക്കും അതിനെ ദൈവം സ്വീകരിക്കും പത്ര ഇവിടെ പറഞ്ഞത് കർത്താവെ ഞാൻ പാവിയായ മനുഷ്യനാണ് എന്നെ വിട്ടു പോണേ എന്ന് പറഞ്ഞു അപ്പം കർത്താവ് എന്തോ ചെയ്തു കർത്താവ് പറഞ്ഞു ഉടനെ പറഞ്ഞു ഭയപ്പെടണ്ട നീ ഇന്നു മുതൽ എൻ്റെ കൂടെ മനുഷ്യരെ പിടിക്കുന്നവനാകാമെന്ന് പറഞ്ഞ് അവനെ കൂടുതൽ തന്നോട് ചേർത്ത് നിർത്തി ഈ കർത്താവിൻ്റെ കാര്യമെല്ലാം നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് പല ലോകത്തിൻ്റെതായ ചിന്തകളിൽ നിന്ന് നോക്കിയാൽ ലോകത്തിന് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല എന്നെ വിട്ടു പോണേ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അവൻ പാവിയാണ് എന്ന് പറഞ്ഞ് കർത്താവിനങ്ങ് പോകാമായിരുന്നു പക്ഷെ പാവിയാണെന്ന് ഒരുത്ത സമ്മതിക്കുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും അവനെ ഇരുകരങ്ങൾ കൊണ്ടും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇവനോട് പറഞ്ഞു അവൻ പാപിയാണെന്ന് സമ്മതിച്ചപ്പം പറഞ്ഞു നീ നീ ഇപ്പം എന്നെ വിട്ടു പോകണ്ട കർത്താവ് എന്നെ വിട്ട് പോണമേ കാരണം ഞാൻ പാപിയാന്ന് പറഞ്ഞു ഉടനെ കർത്താവ് പറഞ്ഞു നീ പാപിയാണെന്ന് നീ സമ്മതിച്ചോ എന്നാൽ നീ എന്നും എൻ്റെ എൻ്റെ പ്രിയ ശിഷ്യനായിട്ട് എന്നോടൊപ്പം ഇരിക്കെ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് അതാണ് കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ പല പ്രിയ ആളുകളെ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് നോക്കുക നമുക്കറിയാവുന്ന പതിനെട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവിടെ രണ്ട് പേര് പ്രാർത്ഥിക്കാൻ ചെന്നു രണ്ട് പേര് പ്രാർത്ഥിക്കാൻ ചെന്നു പരീശനും ചുങ്കക്കാരനും പരീശൻ പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അതെല്ലാം അവൻ വെറുതെ പറയുന്നതല്ല ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവനവൻ്റെ യോഗ്യത പറഞ്ഞ് ദൈവത്തോടടുക്കാൻ നോക്കി യോഗ്യത പറഞ്ഞു ആ യോഗ്യതയൊക്കെ ശരിയാതാരും പക്ഷേ ദൈവം അവനെ എന്തു ചെയ്തില്ല ആ പരീശനെ സ്വീകരിച്ചില്ല മറിച്ചൊരു ചുങ്കക്കാരൻ അവൻ്റെ അയോഗ്യത പറഞ്ഞു ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു പതിമൂന്നാം വാക്യം ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിമൂന്ന് ദൈവമേ പാപിയായ എന്നോട് കണ്ടു അവൻ പാപിയാണെന്ന് അവൻ അംഗീകരിച്ചു അംഗീകരിച്ചപ്പം ദൈവം അവനെ നീതീകരിച്ചു നമ്മൾ ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാം അധ്യായത്തിലേക്ക് നോക്കുക പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പം അവിടെ സക്കായി എന്ന് പറഞ്ഞൊരാളെയാ കാണുന്നു സക്കായി എന്തോ ചെയ്തു സക്കായി കർത്താവിനെ കാണണം എന്ന് വിചാരിച്ച് മരത്തിൽ കയറിയിരുന്നു ഉടനെ യേശു അവിടെ എത്തി മേലോട്ട് നോക്കി നോക്കി ഇവിടെയും കർത്താവിനെ കാണുക കർത്താവിനെ നോക്കുക കർത്താവിൻ്റെ മുഖം കാണുമ്പോഴാണ് കർത്താവിനെ കാണേണ്ടതുപോലെ കാണുമ്പോഴാണ് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത് ഉടനെ കർത്താവ് മുകളിലിട്ട് നോക്കി ആ കർത്താവിൻ്റെ മുഖത്തെ സക്കായി കണ്ടപ്പം സക്കായി എന്തോ ചെയ്തു സക്കായി ഇറങ്ങി വന്നിട്ട് ഒരു കാര്യം പറയുക കർത്താവ് അവന് അവന് അടുത്ത് വന്നു അവനടുത്ത് വന്നപ്പം കർത്താവ് അവനെ സ്വീകരിച്ചു ഞാൻ നിൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പോയി അപ്പോൾ ആളുകളെല്ലാം കൂടെ എന്തോ പറഞ്ഞു ഏഴാമത്തെ വാക്യം അവൻ പാവിയായ ഒരു മനുഷ്യനോടു പാർപ്പാൻ പോയി ഈ സക്കായി സത്യത്തിൽ നമുക്ക് അറിയാവുന്നത് പോലെ അതിൻ്റെ താഴെ അവൻ വാ പറയുന്നത് പോലെ ആളുകളിൽ നിന്ന് ചതിവായിട്ട് വാങ്ങുന്നവനും കൈക്കൂലിക്കാരനും കുഴപ്പക്കാരനും നീതി ഇല്ലാതെ പ്രവർത്തിക്കുന്നവനും ഒക്കെ ആയിരുന്നു പാപിയായിരുന്നു പക്ഷെ അവൻ കർത്താവിൻ്റെ നോട്ടത്തിന് മുൻപാകെ അവൻ ഉരുകി അവൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ കണ്ടോ കർത്താവ് അവനെ സ്വീകരിച്ച് അവൻ്റെ വീട്ടിലേക്ക് അതിഥിയായിട്ട് പോവുക അതിഥിയായിട്ട് പോയപ്പോൾ തന്നെ അവന നിന്ന് കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണം വരുത്തുന്നു ഞാന് എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്ര കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് കൊടുക്കുന്നു അവനവിടെ പറയുക കർത്താവിൻ്റെ മുഖം കാണുമ്പം അവിടെ നമ്മുടെ യോഗ്യതയെക്കുറിച്ചല്ല നമ്മുടെ അയോഗ്യതയെക്കുറിച്ചാണ് ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യം വന്ന് ഒരു തകർച്ചയും നുറുക്കവും വരുമ്പം അത് ദൈവത്തിന് അംഗീകാരയോഗ്യമാണ് പ്രസാദയോഗ്യമാണ് അങ്ങനെ ഒരുവനെ ദൈവം തന്നോട് ചേർത്ത് പിടിക്കും ഇതാണ് നമ്മളിവിടെ കണ്ടത് ലൂക്കോസിൻ്റെ അസോസിയേഷൻ ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരിക അവിടെ അവിടെ നമ്മൾ അതിൻ്റെ അറുപതാമത്തെ വാക്യം അറുപതാമത്തെ വാക്യം പത്രോസ് തന്നെ പിന്നെയും ഏത് പത്രോസ് കർത്താവിനെ പിടിച്ചു കർത്താവിനെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുവന്നു അവിടെ വെച്ച് പത്രോസ് പേടിച്ച് കർത്താവിനെ തള്ളിപ്പറയുന്നു അറുപതാമത്തെ വാക്യം കണ്ടോ മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല ഇവൻ ഗലീലക്കാരനാണ് ഇവൻ കർത്താവിൻ്റെ യേശുവിൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞപ്പം അവൻ മൂന്ന് വട്ടം തള്ളിപ്പറയുന്നു തള്ളിപ്പറഞ്ഞപ്പം കർത്താവ് എന്തോ ചെയ്തു കർത്താവ് ഇതെല്ലം അവിടെ അരമനയിലങ്ങനെ നിൽക്കുക വിസ്താരത്തിൻ്റെ സമയത്ത് നിൽക്കുക അതിൻ്റെ അറുപത്തി ഒന്നാമത്തെ വാക്യം കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഉടനെ എന്ത് സംഭവിച്ചു ഉടനെ പത്രോസ പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു നമുക്ക് കർത്താവിൻ്റെ ഒരു മുഖമാണ് കാണേണ്ടത് കർത്താവിൻ്റെ മുഖം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടാൽ അത് നമ്മളെ നുറുക്കത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കും നമ്മൾ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പത്രോസിൻ്റെ ആദ്യാനുഭവത്തെക്കുറിച്ച് പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ആ പരീശനെക്കുറിച്ചും ചുങ്കക്കാരനെക്കുറിച്ചും പറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പത്രോസ് കർത്താവിൻ്റെ നോട്ടത്തിന് മുമ്പാകെ ഇവിടെ എല്ലാം കർത്താവിൻ്റെ മുഖം കണ്ടു സക്കായി കർത്താവിൻ്റെ മുഖം കണ്ടു പത്രോസ് കർത്താവിൻ്റെ കണ്ണുകൾ കണ്ടു കർത്താവിൻ്റെ ഞാൻ ചിലപ്പം ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ പിശാജിൻ്റെ ഓരോ പരിപാടിയെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ അറുപത്തൊന്നാമത്തെ വാക്യത്തെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി നോക്കിയടനെ അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു അതിൻ്റെ അറുപത്തി രണ്ടാമത്തെ വാക്യം ആദ്യ ദുഃഖത്തോടെ കട ഉടനെ അറുപത്തി മൂന്നാമത്തെ വാക്യത്തെ കണ്ടു യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണ് കെട്ടി ഇനി അവനാരെയും നോക്കരുത് നോക്കിയാൽ കർത്താവേ നോക്കിയാൽ എന്തോ പറ്റൂ അനുതാപം ഉണ്ടാകും അപ്പോൾ പിശാജി കാര്യമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നോക്കിയപ്പോൾ കർത്താവിൻ്റെ ഈ കണ്ണുകൾ കർത്താവ് ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മുമ്പാകെ ഒരുത്തൻ അലിഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ടു അതുകൊണ്ട് പിന്നെ അവരെ അവനെന്തോ ചെയ്തു അവനെക്കൊണ്ടാകുന്ന പോലെ ഈ പരീശന്മാരെയൊക്കെ അല്ലെ ചേവകരെയൊക്കെ ഉത്സാഹിപ്പിച്ച് ഉടനെ തന്നെ തൊട്ടടുത്ത വാക്യത്തെ ഈ കർത്താവിൻ്റെ കണ്ണ് കെട്ടി എന്നാണ് പറഞ്ഞത് നോട്ടത്തിന് മുമ്പാകെ യാക്കോബിൻ്റെ ക്ഷമിക്കണം നമ്മൾ ഇയോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യോബിനും എന്തുണ്ടായിരുന്നു തൻ്റെ യോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു യോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായം യോബിൻ്റെ പുസ്തകം ബൈബിളിലെ ആദ്യ പുസ്തകങ്ങൾ ആണ് ആയിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ആ പുസ്തകത്തിൽ യോബ് തൻ്റെ നീതിയെക്കുറിച്ചാണ് പറയുന്നതെല്ലാം ഞാനെല്ലാം ഭംഗിയായിട്ട് ചെയ്തു ഞാൻ ആ ദേവാലയത്തിൽ വന്ന പരീശം പറഞ്ഞതുപോലെ ഞാൻ നേടുന്നതിനൊക്കെ പതാരം കൊടുക്കുന്നു ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു ഞാൻ വളരെ നീതിമാനാണ് നീതിമാനാണ് നീതിമാനാണ് ദൈവത്തോട് വാദിച്ചു വാദമെല്ലാം കഴിഞ്ഞ് അവസാനത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു എൻ്റെ കണ്ണാൽ ഞാൻ നിൻ്റെ പാതപീഠത്തിലിരുന്ന് നിൻ്റെ മുഖത്തേക്ക് കണ്ണുകളെ നിന്നെ കാണുമ്പം നിൻ്റെ കണ്ണ് കാണുമ്പോൾ നിൻ്റെ മുഖം കാണുമ്പോൾ അതെന്നെ എന്തിലേക്ക് നയിക്കുന്നു ആറാമത്തെ വാക്യം ആകെയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു കർത്താവിൻ്റെ മുഖം കണ്ടാൽ അത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കും അനുതാപത്തിലേക്ക് നയിക്കും ആ അനുതാപം ഉള്ളിടത്ത് എന്തുണ്ട് നമ്മൾ വേറെ ഒരു സങ്കീർത്തനം പരിചിതമായ ഒരു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു കണ്ണുയർത്തുന്നു പാതപീഠത്തിലിരുന്ന് എൻ്റെ കണ്ണ് നിങ്കിലേക്ക് ഉയർത്തുന്നു നിൻ്റെ ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് വന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായി ഹോവയെങ്കിലേക്ക് നോക്കുന്നു ഉടനെ കർത്താവിൻ്റെ മുഖത്തേക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ നോട്ടം എന്തിലേക്ക് നയിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അനുതാപത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞു അനുതാപത്തിലേക്ക് നയിച്ചാൽ അവിടെ കാര്യം അവസാനിക്കുന്നില്ല തുടർന്ന് എന്തോ ചെയ്യും അവൻ ഞങ്ങളോട് കൃപ ചെയ്യും കൃപ കൃപ അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ കൃപ എന്ന് പറയും നമ്മൾ ദൈവ കൃപയെക്കുറിച്ചാണല്ലോ പാടിയത് കൃപ എവിടാ കിട്ടുന്നത് യാക്കോവിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പരിചിതമായ വാക്യങ്ങളാണ് ഇതെല്ലാം യാക്കോവിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പം ആർക്കാ കൃപ കിട്ടുന്നത് നാലാമധ്യായം അതിൻ്റെ അവിടെ നമ്മൾ കാണുന്നു അതിൻ്റെ ആറാമത്തെ വാക്യം എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവ നിങ്ങളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു നാം നമ്മുടെ തന്നെ യോഗ്യതയില്ലായ്മയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ താഴ്മയിൽ നിൽക്കുമ്പം ദയവേ എന്നെ വിട്ടുപോക്കോ എന്നെ എന്തിനാ ഇത്രയും കാര്യമായിട്ട് നോക്കുന്നു ഞാൻ പാവിയായ ഒരു മനുഷ്യനാണ് ഈയോബ് പറയുന്നു ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയി ഞാൻ നീതിമാനല്ല എന്ന് പറഞ്ഞ് തന്നെ തന്നെ തൻ്റെ അയോഗ്യത തൻ്റെ പാപാവസ്ഥ ഓ കൈകൊണ്ട് മാറത്തടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നമ്മൾ ദൈവം പാകെ നമ്മൾ ഒന്നുമല്ല എന്നുള്ള ആ ശരി ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പം ആ താഴ്മയിലേക്ക് വരുമ്പം നമുക്കെന്തോ കിട്ടും കൃപ കിട്ടും കൃപ കിട്ടും നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ അതാ പറഞ്ഞത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം അത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കും ആ അനുതാപം നമ്മളെ കൃപ ലഭിക്കാൻ യോഗ്യരാക്കി തീർക്കും രണ്ട് വാക്യങ്ങളുടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം രണ്ട് പത്രോസിൽ രണ്ട് പത്രോസ് അവസാനിക്കുന്ന വാക്യം ഇങ്ങനെയാണ് രണ്ട് പത്രോസ് നാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൽ കൃപയിൽ വളരുക നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ കൃപയിൽ വളരണമെന്നാണ് കൃപയിൽ വളരുകയെന്ന് പറയുമ്പോൾ ഈ കൃപ എന്നുള്ള വാക്കത്രത്തോളം നമുക്ക് മനസ്സിലാകുകയില്ല ഗ്രേസ് ഗ്രേസ് എന്തു ഈ ഗ്രേസ് ഒരു പുതിയ നിയമ ഈ കൃപ എന്ന് പറയുന്ന ഈ കാര്യം ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ ഇത് കൊണ്ടുവന്നതാരാ യോ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവാണ് ഇത് കൊണ്ടുവന്നതെന്നാണ് കർത്താവാണ് ഇത് കൊണ്ടുവന്നത് കർത്താവാണ് കൃപ കൊണ്ടുവന്നത് കൃപ എന്ന് പറയുമ്പോൾ ആ ഗ്രേസെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാകുന്നില്ല എന്നാൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തോടെ ചേർത്ത് അതിനെ ചിന്തിച്ചാൽ രണ്ട് കോരിന്ത്യർ ബ്രദർ വായിച്ച ഒരു വാക്യമാണ് രണ്ട് കോരിന്ത്യർ എട്ടാമധ്യായത്തിലെ ഒരു വാക്യം കർത്താവ് കൃപ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കൃപ എങ്ങനെയാണ് കൊണ്ടുവന്നത് എട്ടിൻ്റെ ഒൻപത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ കർത്താവ് നമുക്കായിട്ട് കർത്താവ് സമ്പന്നനായ കർത്താവ് അയോഗ്യരായ ദരിദ്രരായ നമുക്ക് വേണ്ടി നമ്മുടെ തലത്തിലേക്കിറങ്ങി വന്ന് ദാരിദ്ര്യത്തിലേക്കിറങ്ങി വന്ന് നമുക്ക് കൃപ തന്നു കൃപ തന്നു കൃപ കർത്താവിലൂടെ എന്ന് പറഞ്ഞാൽ കൃപയെന്താ കൃപയെന്ന് പറയുന്നത് ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പം അർഹതയില്ലാത്തടത്ത് ചൊരിയപ്പെടുന്ന ദാനമാണ് കൃപ അർഹതയില്ല ഇവിടെ നമ്മൾ പറഞ്ഞവരെല്ലാം എന്താ പറഞ്ഞത് അവർക്കെല്ലാം കൃപ കിട്ടി ലൂക്കോസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിലെ പത്രോസിൻ്റെ കൃപ കിട്ടി കർത്താവ് അവനെ തൻ്റെ പ്രിയ ശിഷ്യനാക്കി തീർത്തു ആ കൃപ കിട്ടിയത് എങ്ങനെയാണ് അവൻ്റെ അർഹതയുടെ വെളിച്ചത്തിലാണോ അല്ല അല്ല എനിക്ക് അർഹതയില്ലേ എന്ന് കണ്ടെത്തിയപ്പോഴാണ് അവന് കൃപ ലഭിച്ചത് ലൂക്കോസ് പത്തൊമ്പതിൽ സക്കായിക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് അവൻ്റെ വീട്ടിൽ കർത്താവ് ചെല്ലാനും അവനെ തൻ്റെ തന്നോട് ചേർത്ത് നിർത്താനും കഴിഞ്ഞതെങ്ങനെയാണ് അവിടെയും ആ സക്കായിയെ സംബന്ധിച്ചിടത്തോളവും അവന് ഞാൻ യോഗ്യനല്ല എന്ന ബോധ്യത്തിൽ അവനവൻ്റെ തെറ്റുകളെ സമ്മതിച്ച് ഞാൻ നാല് മടങ്ങ് മടക്കി കൊടുക്കാമെന്നും സ്വത്തിൽ പാതി ദരിദ്രർക്ക് കൊടുക്കാമെന്നും ഒക്കെ സമ്മതിച്ച് ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരനും കൊള്ളരുതാത്തവനുമാണെന്ന് സ്വയം സമ്മതിച്ചപ്പോഴാണ് അർഹതയില്ല എന്ന് സമ്മതിച്ചപ്പോഴാണ് കർത്താവെന്ത് ചെയ്തത് അവനെ തന്നോട് ചേർത്ത് നിർത്തിയത് അപ്പം അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്നതാണ് കൃപ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പാവിയായ മനുഷ്യൻ ചുങ്കക്കാരൻ അവനെന്താ പറഞ്ഞത് അയ്യോ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ നെഞ്ചത്തടിച്ചപ്പോഴാണ് അവനെ ദൈവം നീതീകരിച്ചത് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്നതാണ് കൃപ കൃപ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ പത്രോസ് ആദി ദുഃഖത്തോടെ കരഞ്ഞു കർത്താവേ ഞാൻ നിന്നെ തള്ളി പറഞ്ഞു ഞാൻ നിൻ്റെ പ്രിയ വീമ്പ് പറഞ്ഞു ഞാൻ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്നു പറഞ്ഞവൻ ഞാൻ തന്നെ മൂന്ന് വട്ടം നിന്നെ നിനക്കേറ്റവും സപ്പോർട്ട് വേണ്ടിടത്ത് നിനക്കേറ്റവും പിന്തുണ വേണ്ടിടത്ത് ഞാൻ നിന്നെ തള്ളി പറഞ്ഞു കർത്താവേ എന്ന് അതി ദുഃഖത്തോടെ കരഞ്ഞു അവിടെയും പത്രോസനം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അപ്പോൾ യോവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോഴും നമ്മൾ കണ്ടത് ആ യോബ് തൻ്റെ യോഗ്യതയില്ല ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്ന് പറഞ്ഞപ്പം അവിടെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞു വരുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യോഗ്യതാബോധമാണോ നമുക്ക് മുമ്പേ നിൽക്കുന്നത് ഇന്നലെ ഇന്നലെ ഒരു ശവസംസ്കാരം ശുശ്രൂഷയായിരുന്നു ഇന്നലെ ഒരു ശവസംസ്കാരം ഇവിടെ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു സഹോരി ഇവിടെ വന്നു ആ സഹോരി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സൗകര്യം ഇവിടെ സ്നാനപ്പെട്ടു അത് ആ സൗരിയോടൊപ്പം അവരുടെ മകളും വന്നു മകളും ഈ ദൈവവചനമൊക്കെ കേട്ടപ്പോൾ എന്താ ഞാൻ സ്നാനപ്പെടുന്നെന്ന് പറഞ്ഞ് അമ്മയും മോളും ഇവിടെ സ്നാനപ്പെട്ടു ഈ സ്നാനപ്പെട്ട ആയിട്ട് പത്ത് അഞ്ഞൂറ് ആളുകളെല്ലാം വന്നു നമ്മൾ ദൈവവചനമൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓ ഇവരെ ഇത്രയും നാൾ ഈ ആ കോബായിലോ എപ്പിസ് കോപ്പൽ സഭകളിൽ എവിടെയോ നിന്നു അവിടെ നിന്ന് ഇവരെ അവസാന കാലത്ത് ദൈവവഴിയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയ സി എഫ് സിയിലെ കർത്താവിൻ്റെ വലിയേറിയ ദാസന്മാർ എന്ന് മാത്രമല്ല ഒരാൾ അഭിഷക്തൻ കൂടാ നമ്മളെ സംഭവം അഭിഷക്തനെ ഇപ്പോൾ എണ്ണിട്ട് അഭിഷക്തൻ കണ്ടോ ഈ ലോകം നമ്മളെന്തോ ചെയ്യും ലോകം നമ്മളെ നമുക്ക് അർഹതയില്ലാത്ത ഒത്തിരി മഹത്വം നമ്മുടെ മേൽ തരും നമ്മൾ അന്നേരം എന്തുവാ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ എന്തുവാ ചെയ്യേണ്ടത് ഞാൻ ഈ വിചാരിച്ച പോലൊന്നുമല്ല ഒരു ഞാനും ഒരു ചെറിയൊരു അഭിഷക്തനാണ് കണ്ടോ ഞാനൊരു വാക്ക് പറഞ്ഞപ്പം അമ്മ മാത്രം സ്നേഹപ്പെടാനിരുന്നപ്പം അമ്മയും മോളും കൂടെ സ്നേഹപ്പെട്ടു എന്നിട്ട് ഇവരെത്രയോ വർഷം അവിടെയൊക്കെ ആയിരുന്നിട്ട് ഇവരെ യഥാർത്ഥ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ആര് ആർക്ക് കഴിഞ്ഞു ഞങ്ങൾ സി എഫ് സിക്കാർക്ക് കഴിഞ്ഞു നമ്മളത്ര ചെറിയ ആൾക്കാരൊന്നുമല്ല പല പാസ്റ്റർമാരവിടെ അവിടെ ചുറ്റുപാടുമുള്ള ചില പെന്തകോ സഭകളിൽ നിന്ന് സെൻട്രർ പാസ്റ്ററും അവരും ഒക്കെ വന്ന് ഈ സഭ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മളെന്താ ഈ പിശാജെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് മനുഷ്യനല്ല പിശാജെന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട് ഈ പുള്ളിക്കാരനെന്തോ ചെയ്യും പുള്ളി നമ്മുടെ ആത്മാവിന് നേരെയാണ് ഉന്നം വയ്ക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകാവുന്ന നമ്മളെ നികളത്തിലേക്കും ദൈവത്തിന്റെ കൃപ കിട്ടാത്ത അവസ്ഥയിലേക്കും കൊണ്ടുപോകാവുന്ന കൃപ കിട്ടാത്തത് എവിടാ ഞാൻ അത്ര മോശമൊന്നുമല്ല ഞാനും ഇതിനൊക്കെ ഒരു അർഹനാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടില്ല കൃപ കിട്ടത്തില്ല കാര്യം കൃപയെന്ന് പറയുന്നത് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്നതാണ് അതേസമയം എനിക്ക് അർഹതയില്ല ഇതൊരു വാക്കല്ല അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഒരു മനോഭാവത്തിൽ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നത് ഞാൻ പറഞ്ഞു വന്നത് പിശാചി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും കണ്ടോ നമ്മളത്ര സി എഫ് മോശമൊന്നുമല്ല ഇവരൊക്കെ എത്രയോ നാളുകൊണ്ട് നോക്കിയിട്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരും കർത്താവിൻ്റെ ചില അഭിഷക്തന്മാരും ഒക്കെയാണ് പിശാച നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഒരു ഒളിയം പയക്കുക ലോകവും എന്തോ ചെയ്യും ലോകവും ഉടനെ നമ്മളെ ആദരിക്കും നമുക്ക് പട്ടും വളയും എല്ലാം തന്ന് ഉടനെ നമ്മുടെ ജഡം എന്തോ ചെയ്യും ജഡം നമ്മൾ ആ കിട്ടിയ കാര്യങ്ങളെ താലോലിച്ച് നമ്മൾ ചുരുക്കത്തിൽ ഈതുകൂട്ടുണ്ടെല്ലാം എന്ത് സംഭവിക്കും നമ്മൾ നമ്മുടെ അർഹതയിൽ നമ്മുടെ കഴിവിൽ ദൈവം തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം പ്രവർത്തിപ്പിച്ചത് പക്ഷെ ദൈവത്താൽ പ്രവർത്തിപ്പിക്കപ്പെടാൻ യോഗ്യനാണല്ലോ ഞാൻ എന്നുള്ള നികളത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും പിശാദിനത് മതി അങ്ങനെ ഒരു നികളം വന്നാൽ ദൈവം എന്തായിത്തീർന്നു നമ്മുടെ ശത്രുവായി തീർന്നു അതേസമയം നമ്മൾ ആ പാപബോധത്തിലേക്ക് വരിക അയ്യോ എനിക്കിതിനെന്താ അർഹത എന്നുള്ള നിലയിൽ ഈ ലോകം എപ്പോഴും നമ്മളെ ഈ താഴ്മയിൽ നിന്നും മാറ്റി നമ്മുടെ അർഹതയില്ലായ്മയിൽ നിന്ന് മാറ്റി നമ്മുടെ അയോഗ്യതാബോധത്തിൽ നിന്ന് മാറ്റി നമ്മുടെ പാപബോധത്തിൽ നിന്ന് മാറ്റി ഞാനൊരു വലിയ ആളാണ് എന്ന് ആന്തരികമായിട്ട് നമുക്ക് മനസ്സിലൊരു തോന്നൽ തന്ന് ദൈവത്തിൻ്റെ ശത്രുപക്ഷത്ത് നമ്മളെ നിർത്താനാണ് പിശാചും ലോകവും ജഡവും നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് നമ്മൾ ചെയ്ത ചീത്ത കാര്യങ്ങളല്ല നല്ല കാര്യങ്ങൾ തന്നെ കാണിച്ച് നല്ല കാര്യങ്ങൾ ഈ ഒപ്പം നല്ല കാര്യമാണ് ചെയ്തതെല്ലാം പക്ഷേ അവൻ അവനെക്കുറിച്ച് തന്നെ പുകഴി പുകഴ്ന്ന ഒരു രംഗത്ത് ഞാനെല്ലാം ഭംഗിയായിട്ട് ചെയ്തു ചുങ്കക്കാരൻ ദേവാലയത്തിൽ ചെന്ന് ക്ഷമിക്കണം പരീശൻ ദേവാലയത്തിൽ ചെന്ന് ഞാൻ നേടുന്നതിനൊക്കെ പതാരം കൊടുത്തു ഇല്ലേ കിട്ടിയതിനെല്ലാം ദശാംശം കൊടുത്തു എല്ലാം ഭംഗിയായിട്ട് ചെയ്തു നമ്മൾ ചെയ്യുന്ന നന്മകൾ തന്നെയാണ് നമ്മുടെ തല ചീർപ്പിക്കുന്നത് നമ്മളെ അഹങ്കാരികളാക്കുന്നു നമ്മൾ പാപം ചെയ്താൽ താരതമ്യേന നമുക്ക് കൃപ കിട്ടാൻ എളുപ്പം ഞാനത് പറഞ്ഞു വരുന്നത് നമ്മളെല്ലാം നാളെ പോയി പാവം ചെയ്യണമെന്നല്ല പ്രിയപ്പെട്ടവർ പാവം ചെയ്യരുത് തീർച്ചയായിട്ടും ഈ വഴിയിൽ തന്നെ നിൽക്കണം പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു അപകടമുണ്ട് അപകടം എന്താ നമ്മൾ നമ്മളെ തന്നെ നോക്കി ഞാൻ നമ്മൾ സ്വയം അഭിനന്ദിക്കാൻ തുടങ്ങും ലോകവും നമ്മളെ അഭിനന്ദിക്കും പിശാചും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരും നമ്മളെന്തോ ചെയ്തോണം ഉടനെ നമുക്കെന്താ ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ഈ മുഴുവൻ മാനവും മഹത്വവും ദൈവത്തിന് കൊടുത്തേച്ച് നമ്മളെപ്പോഴും മറിയേ പോലെ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കിതിനെന്താ അർഹത എന്നുള്ള ശരിക്കും ആ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കൃപ കിട്ടിക്കൊണ്ടേയിരിക്കും കർത്താവിൻ്റെ കരുണ കിട്ടിക്കൊണ്ടേയിരിക്കും ഇത് ഈ വഴിയിലാണ് നിരന്തരം നമുക്ക് നിൽക്കേണ്ടത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ഒരു പാട്ടിൻ്റെ ശീല് നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം